ജാഗ്രത്തും സ്വപ്നവുമായി അന്യഥാഗ്രഹണം കൊണ്ടുവരുന്ന ആ ഒന്നാണ് ഈ കാണുന്ന ജഗത്തല്ല ഉള്ളതല്ല ഞാൻ വീട് കാണുമ്പോൾ വീടുണ്ടായി എന്നിൽ അതിനകത്തിരിക്കുമ്പോൾ എറണാകുളത്തെ ഒരു ഫ്ളാറ്റിലാണ് എന്ന് സങ്കൽപ്പിച്ചാൽ എന്നിൽ ഫ്ലാറ്റായി വീടിലിരുന്ന് വീട്ടിലിരുന്ന് ഫ്ലാറ്റിൽ താമസിക്കുന്നവനായി ഞാൻ വീട്ടിലിരിക്കുന്നു ഇപ്പൊ എനിക്കറിയില്ല പിള്ളേർക്കറിയാം അച്ഛൻ വീട്ടിലെ കസേരയിൽ ഇരിക്കുന്നവർ ചെയ്യാം സത്യത്തിൽ അച്ഛനപ്പോഴില്ല കസേരയിലിരുന്ന് എറണാകുളത്തെ ഫ്ളാറ്റിലിരിക്കുകയാണ് അതാണ് പുറത്താളൊന്നും ഒന്നും അറിഞ്ഞിട്ടില്ല അച്ഛൻ അവിടെ ഉണ്ടല്ലോ വിളിച്ചാൽ നീ കണ്ടില്ലേ ഒന്നും അച്ഛൻ അറിഞ്ഞിട്ടില്ല കാരണം അച്ഛൻ ഇപ്പൊ എറണാകുളത്ത് ഫ്ളാറ്റിലാണ് അപ്പോഴെന്ന് അച്ഛാന്ന് വിളി ആ ഒരു സ്വപ്നം കഴിഞ്ഞു മനസ്സിലായില്ല ഒരു കിനാവ് കഴിഞ്ഞു ആ കിനാവ് കഴിഞ്ഞപ്പോ വീട്ടിലാണെന്ന കിനാവ് ഉണർന്നു ആ കിനാവിലയാൾ നടന്നു വരുന്നത് ഈ നടന്നു വരുന്നതും ഒരു കിനാവ് ആ കസേരയിൽ നിന്ന് കണ്ടതും ഒരു കിനാവ് ചുരുക്കത്തിൽ ജാഗ്രത്തും സ്വപ്നവും ഒരു പോല കിനാവ് മാത്രം എന്റെ ബോധത്തിൽ സംഭവിക്കുന്ന ജാഗരിതമെന്നും സ്വപ്നമെന്നും വേർപെടുത്തിപ്പറയുന്ന അന്യഥാഗ്രഹണം മാത്രമാണ് ഈ പ്രപഞ്ചമെന്ന വെളിവ് മുഴുവൻ സമസ്ത ശാസ്ത്രങ്ങളും സമസ്ത വൈഖരികളും സമസ്ത കവിതകളും സമസ്ത സാഹിത്യവും വേദങ്ങളും ഇതിഹാസങ്ങളും ഉപനിഷത്തുകളും ഈശ്വരന്മാരും മതങ്ങളും ജാതികളും വർഗങ്ങളും വർണ്ണങ്ങളും എല്ലാം ബോധം മാത്രം സത്യം അത് വേദങ്ങളും ഉപനിഷത്തുകളും എല്ലാം എല്ലാം എല്ലാ മതങ്ങളും എന്റെ മതം സ്വപ്നമല്ല അങ്ങനല്ല എല്ല ബ്രഹ്മചര്യവും വാനപ്രസ്ഥവും ഗാർഹസ്യവും സന്യാസവും എല്ലാം ഗാർഹസ്യം സ്വപ്നം സന്യാസം യാഥാർത്ഥ്യം അല്ല സ്വാമി സന്യാസമല്ലേ ഒരു സ്വപ്നം ജാഗ്രത്തിൽ അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഗാർഹസ്ഥ്യമല്ലേ ഒരു യാഥാർത്ഥ്യം അല്ല രണ്ടും സ്വപ്നം സന്യാസത്തിലിരുന്ന് ഗാർഹസ്ഥ സ്വപ്നം കാണുമ്പോഴും ഗാർഹസ്ഥ്യത്തിലിരുന്ന് സന്യാസത്തെ സ്വപ്നം കാണുമ്പോഴും ഇതൊരു മരീഷിക മാത്രം ഇപ്പൊ ചുരുക്കത്തില് ഇതൊന്നും സത്യമല്ല േകമായ ബോധം മാത്രം സത്യം ഒരമ്മ അടുത്തിരിക്കുന്ന ആളിനെ തൊട്ട് നോക്കുക സത്യമാണോന്നറിയാൻ ഞാൻ അത്രയും പ്രസിദ്ധിക്കില്ല അത്രയും പറഞ്ഞപ്പോഴ അമ്മ ഉറക്കത്തി തുടങ്ങ അപ്പോ ഇതൊന്നും സത്യമല്ലെന്ന് പറഞ്ഞപ്പോ പതുക്കെ ഇങ്ങനെ തൊട്ടിട്ട് നോക്കുക അടുക്കിയിരിക്കുന്ന ആളുള്ളതാണോ സ്വാമി പറഞ്ഞ പോലില്ലാത്തതാണ് ൊട്ടക അറിയുന്ന തൊടുന്ന കയ്യും സ്വപ്നം അത് ഈ തൊടുന്നവനും തൊടുന്നവളും തൊടുന്ന കയ്യും എല്ലാം സ്വപ്നം ഒരു പകൽത്തിനാണ് ഇതൊക്കെ എഴുതി വെച്ച പുസ്തകത്തിന് തീ അതാലോചിച്ച് നോക്കണം ഉണ്മയെ കുറിച്ചുള്ള ഗുരുവിൻ്റെ അറിവിന് അൽപ്പാൽപമായി വിളങ്ങുന്ന അവസ്ഥ വിട്ട് എല്ലായിടത്തും വിളങ്ങുന്ന ആദ്യന്തവിഹീനമായ നിലയിൽ സ്വയം അറിയാം വിഷയസ്പർശമില്ലാത്ത ശുദ്ധമായ അറിവെന്ന നിലയിൽ അത് വിളങ്ങുന്നു അപ്പോൾ ഈ പ്രപഞ്ചം ഭൗതികമായി അറിയപ്പെടുന്ന ദൃശ്യങ്ങളെല്ലാം അനന്തമായ ആ കേവലം സ്വപ്നം മാത്രം വെറും സ്വപ്നം കിഞ്ചിജ്ഞനായ അല്പജ്ഞനായ അവൻ അളവില്ലാത്ത അറിവിലേക്ക് സർവജ്ഞത്വത്തിലേക്കെത്തുന്ന അറിവിനെയാണ് അതുകൊണ്ടറിയേണ്ടത് വീണ്ടും കിഞ്ചിജ്ഞനാകാൻ ശ്രമിക്കരുത് ഞാൻ കിഞ്ചിജ്ഞനാണ് കിഞ്ചിജ്ഞനായ ഞാൻ വീണ്ടും കിഞ്ചിജ്ഞത്വ എന്തറിയുവാൻ അതുകൊണ്ട് ദുക്കിനെ ദുക്കിനെ അറിയുക അറിയുന്നവനെ അറിയുക അതിലെല്ലാം ഉണ്ട് അതുകൊണ്ട് അറിവിന് അളവില്ലാതെ ഏതറിയാം അറിവിന് അളവില്ലാതെ അറിയുക ഓരോ അറിവും അറിവിന് അളവുണ്ടാക്കുകയാണ് എനിക്ക് മൈക്കറിയാം എന്റെ അറിവ് പരിമിതമായി എനിക്ക് മൈക്കിനെയും അമ്മയെയും അച്ഛനെയും ഈ ലോകത്തെയും സൃഷ്ടിക്കുന്ന ഞാനെന്ന ബോധത്തെ അറിയാം അത് എന്നിലുണ്ടായി മറിയുന്നതാണ് നമ്മളെ ശാന്തമ്മേ അറിയില്ലേ ആ ക്ലാസിലൊക്കെ വരാറുണ്ടായിരുന്നുള്ളു നീ അറിയൂന്നേ എനിക്ക് ശാന്തമ്മേ അറിയാം ഭർത്താവ് ഗോപാലകൃഷ്ണനെ അറിയാം എന്ന അടുത്തയാള് ഈ അറിവെല്ലാം ഏകമായ എൻ്റെ ബോധത്തിലായതുകൊണ്ട് എൻ്റെ ബോധത്തെ അറിയാം എന്നാരും പറയാറില്ല ഈ ജഗത്തിൽ ഓരോന്നിനെ അറിയാം എനിക്ക് റോസപ്പു അറിയാം എനിക്ക് ബോട്ടണി അറിയാം എനിക്ക് സുവോളജി അറിയാം എനിക്ക് ആയുർവേദം അറിയാം എനിക്ക് അലോപ്പതി അറിയാം എനിക്കതറിയാം ഇതറിയാം ഇതെല്ലാം ഹിഞ്ചിജത്വമാണ് ഇതൊന്നും അറിവല്ല അറിയുന്നവയെ മുഴുവൻ അറിയുന്നൊരറിവുണ്ട് അതിലെല്ലാം അറിയാം ആപൂര്യമാണ് അജലപ്രതിഷ്ഠം സമുദ്രമാപപ്രവിശന്തി ി സർവേ സിഗാമി എല്ലായിടത്തു നിന്നും വരുന്ന വെള്ളം സമുദ്രത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നത് നിറജികവിയില്ല അതാപൂര്യമാണമാണ് അജലപ്രതിഷ്ഠമാണ് ി സർവേ അത്ര ഒരറിവിലെത്തിയാൽ ഈ കിഞ്ചിജ്ഞത്വമുള്ള കാമങ്ങളെല്ലാം പ്രവേശിച്ചാലും അവൻ ശാന്തനായിരിക്കുന്നു കാമകാമിം ആപ്നോതി മറ്റൊരിടത്തും പറയും ഭഗവാൻ ഇത് പ്രളയജലം കൊണ്ടെല്ലാം നിറഞ്ഞാൽ പിന്നെ കിണറും കൊളമൊക്കെ ഉണ്ടോ ആവാനേ സംബ്ലുതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ അപ്പോ എല്ലായിടത്തും പ്രളയജലം വന്നു മൂടിയാൽ പിന്നെ എന്റെ കുളം എന്റെ കിണറ് എന്ന കിഞ്ചിജ്ഞത്വമില്ല അതിന്റെ സ്പഷ്ടമായ വ്യാഖ്യാനം ഏകവും അദ്വയവുമായ ബോധം അങ്ങനെയുള്ള സർവാതിരിക്തമായ അറിവ് എങ്ങനെ അതറിയിരുന്നു ഇനി അടുത്ത ചോദ്യതാണല്ലോ എങ്ങനെയാണതറിയുക അത് പ്രാപ്യമോ അപ്രാപ്യമോ അറിയേണ്ടതാണ് എങ്ങനറിയും ഇത പിടിച്ചോന്നാണ് നാരായണ ഗുരു പറയാം അറിവിന് നിറവുണ്ടെന്നാൽ അറിവല്ലാതുള്ളതെങ്ങിരുന്നീടും അറിവേതൻ ഇതുപോൽ അതുപോയി അറിവേതെന്നിങ് അതുപോയി അറിയുന്നങ്ങെന്ന് ഇതെങ്ങിരുന്നീടും അറിവിന് നിറവുണ്ടെന്നാൽ അറിവല്ലാതുള്ളത് എങ്ങിരുന്നീടും അറിവേദ നിങ് അതുപോയി അറിയുന്നങ്ങ് എന്നിതെങ്ങിരുന്നീടും അറിവിന് ബോധത്തിന് നിറവുണ്ടെന്ന് വന്നാൽ നിറവ് പൂർണ്ണത നിറമല്ല നിറവ് അറിവിന് നിറവ് വന്നാൽ അറിവ് നിറഞ്ഞാൽ മുമ്പ് പറഞ്ഞ പോലെ മുഴുവൻ നിറഞ്ഞാൽ അറിവിന് നിറവ് എങ്ങും നിറഞ്ഞിരിക്കുന്നു എന്ന് വന്നാൽ സർവവ്യാപകമെന്ന് ഉറച്ചാൽ സർവവ്യാപിയാണ് അറിവ് മതങ്ങളുടെ വംഗത്വവും ഇത് അന്തരമുണ്ട് മതം സർവവ്യാപിയായ ഈശ്വരനെ പരിമിതനാക്കിയിട്ട പഠിപ്പിക്കുന്നത് പരിമിതനാക്കുന്ന നിമിഷം തന്നെ അറിയുന്നവൻ പരിമിതനായി അറിയുന്ന ഒരു നിമിഷം അറിവ് സർവവ്യാപകമാണ് എന്ന് അറിഞ്ഞിട്ട് പിന്നെ അതിന് പരിമിതിയില്ല പരിമിതപ്പെടുത്തിയാൽ പരിമിതമായതിനെ ഉപാസിച്ചുപാസിച്ച് കിഞ്ചിജ്ഞത്വമേ വരുള്ളൂ അതുകൊണ്ടാണ് ഭാരതീയർ ഈശ്വരനെ കിഞ്ചിജ്ഞത്വത്തിൽ ഉപാസിച്ചിട്ടില്ല മുപ്പത്തിയേഴിന് മുമ്പ് വരെ ഭാരതത്തിൽ ക്ഷേത്രാരാധനയില്ല നമുക്ക് എന്ന് പഠിപ്പിക്കുന്ന ചരിത്രമൊക്കെ അല്പമെന്ന് ആലോചിച്ചാൽ തെറ്റാണെന്ന് മനസ്സിലാകും ഒന്ന് നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് ക്ഷേത്രവും ക്ഷേത്രാരാധനയും സാധനയുടെ ആദ്യപടിയാണെന്നാണ് അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്ത്യയിലെ ക്ഷേത്രങ്ങളിൽ ബ്രാഹ്മണരല്ല കയറേണ്ടിയിരുന്നത് വേദവൈദികന്മാരായ ബ്രാഹ്മണർ ക്ഷേത്രത്തിൽ പോവുകയും സാധാരണ ജനങ്ങളെ അതിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്തുവെന്ന് പറഞ്ഞാൽ തന്നെ ആരാധനാ സമ്പ്രദായം ക്ഷേത്രം വഴിയായുള്ളത് പ്രാഥമികമല്ല സാധാരണ ജനങ്ങളാരും വീട്ടില് ഇപ്പം അടുത്ത കാലത്ത് പണിതതല്ലാത്തടത്തൊന്നും സാധാരണ ജനങ്ങളുടെ വീട്ടിലെങ്ങും പൂജിക്കാനുള്ള പൂജാമുറികളും ആരാധിക്കാനുള്ള സ്ഥലങ്ങളുമില്ല അവൻ ആ ഡച്ച് കർമ്മം ചെയ്യുകയാണ് അന്നായിരുന്നു അവനൊക്കെ ആത്മജ്ഞാനവും ഇന്നത്തെക്കാൾ കിട്ടിയിരുന്നത് ചരിത്രപരമായി എതിരുണ്ടെങ്കിൽ പറയാം അത് സാധാരണ ജനങ്ങളുടെ അല്ല ആ നാല് ഘട്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അസാധാരണമായി സാധാരണ വീട്ടിലൊന്നും പടിഞ്ഞാറ്റയില്ല പടിഞ്ഞാറ്റയെക്കുറിച്ച് നന്നായി അറിയാം അതില്ല അതുകൊണ്ട് ആ പദം ഉൾപ്പെടെ പറഞ്ഞത് ചരിത്രം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെച്ച് വഴിമാറ്റിപ്പോകും ക്രിസ്തു മതത്തിൻ്റെ ആരാധനാ സമ്പ്രദായവും മതം മാറ്റവും കണ്ട സർസി രാമസ്വാമി അയ്യർ ക്രിസ്ത്യാനിറ്റിയെ സൃഷ്ടിക്കാൻ ഹിന്ദുമതത്തെ ആ മാമൂദിസ മുങ്ങാതെ മതം മാറ്റിയപ്പോഴാണ് ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടായത് വർഗപരമായ ഹിന്ദുമതത്തോടും അതിന്റെ സംഘടിത മുന്നേറ്റത്തോടും ക്രിസ്തു മതത്തിലേക്ക് പോകാതിരിക്കുന്നതിനോടുമുള്ള സർസിപ്പിയുടെയും രാജാവിൻ്റെയും പ്രതിബദ്ധതയെ അംഗീകരിക്കാം പക്ഷേ അത് മാമൂസ മുങ്ങാദ മതപരിവർത്തനത്തിന് വിധേയമാക്കിയെന്ന സത്യം അതിലൂടെ ആരാധിച്ചു പോകുമ്പോഴും നാം അറിയുന്നില്ല ഇതതിന്റെ ചരിത്ര പശ്ചാത്തലം അത് കൂടുതൽ പോയി പിടിച്ചാൽ അവിടെ സർവജ്ഞത്വം ഈശ്വരൻ്റെത് പരിമിതമാവുകയാണ് ക്ഷേത്രങ്ങളൊന്നും അതിനുള്ളതായിരുന്നില്ല ക്ഷേത്രം ദേശത്തിൻ്റെ ക്ഷേത്രം ഗ്രാമത്തിൻ്റെ ഒക്കെ എടുത്താൽ ക്ഷേത്രത്തിന് മാത്രമേ സ്വത്തുണ്ടായിരുന്നുള്ളൂ ബ്രിട്ടീഷുകാരൻ്റെ ആഗമനം വരെ ഇന്ത്യയിൽ സ്വകാര്യ സ്വത്ത് രാജാക്കന്മാർക്ക് പോലുമില്ല ഏതെങ്കിലും രാജാവിനോ ഏതെങ്കിലും വ്യക്തിക്കോ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആഗമനത്തിന് മുമ്പ് ഒരുതുണ്ടു ഭൂമി കരംതീരുകയായി പതിച്ചു കിട്ടിയതുള്ളതായി റെക്കോർഡുകളില്ല തിരുവനന്തപുരത്ത് പൂജപ്പുരയിൽ ചെന്ന് ഭണ്ഡാരമകപ്പാട്ടം സ്പെഷ്യൽ തഹസീൽദാരുടെ ഓഫീസിൽ കയറി നിങ്ങൾക്ക് മുഴുവൻ രേഖകളും പരിശോധിക്കാം എല്ലാ ജിയോയും ജി എസുമെല്ലാം അതൊക്കെ ഇതിനുശേഷം രാജാവിനോടെ അവകാശം തിരുവിതാംകൂർ ശ്രീപപ്പനാവിന്റെയാണ് അവിടെ രാജാവിന് എന്താ അവകാശം പപ്പനാവനാണ് കോട്ടയ്ക്കകത്ത് താമസിക്കുന്ന രാജാവ് കോട്ടയ്ക്കകത്തല്ല രാജാവ് പണ്ടാരം വക പാട്ടത്തിലാണ് താമസിക്കുന്നത് പാട്ടപ്പറമ്പിലാണ് തിരുവിതാംകൂർ മഹാരാജാക്കന്മാർ താമസിക്കുന്നത് പപ്പനാവന്റെ പാട്ടപ്പറമ്പില് പാട്ടപ്പറമ്പിൽ കിടക്കുന്ന സ്വന്തമായി ഭൂമിയില്ലാത്തവൻ ആർക്ക് പതിച്ചു കൊടുക്കാൻ ഭാരതീയന്റെ ഈശ്വര സങ്കല്പവും ഭാരതീയന്റെ സോഷ്യലിസവും ഒക്കെ പഠിക്കണമെങ്കിൽ ഇനിയും ജനിച്ചു മരിക്കേണ്ടി ഒരു മനുഷ്യൻ അല്ലെങ്കിൽ അവന് പ്രാചീനതയുടെ സംസ്കൃതി ഉണ്ടാവണം എവിടെ എവിടെയാ അതിലുണ്ടായിരുന്നു വേലിയും അതിലൊക്കെ കെട്ടാനും കുറ്റിയടിക്കാനോ തുടങ്ങി കുറ്റിക്ക് എത്ര കാലത്തെ പഴക്കമുണ്ട് നിങ്ങളുടെ അമ്പലങ്ങളിലെ വഴി വഴിപാട് കൗണ്ടറുകൾക്ക് ക്ഷേത്രം തുടങ്ങിയ രണ്ടായിരം കൊല്ലത്തിൻ്റെ പഴക്കം ഉണ്ടെന്ന് നോക്കി ക്ഷേത്രം കൊല്ലം വന്നു ഉഴുന്നോടെ ഉണ്ടായിരുന്നു മാല കെട്ടാൻ ഇതൊക്കെ കുറെ കാലമുണ്ട് പ്രാചീനം പ്രാചീനമാവും നാളെ രാവിലെ ഞാനൊരെണ്ണം തുടങ്ങിയാൽ ഒരാഴ്ച കഴിയുമ്പോൾ അതൊന്നും പ്രാചീനമാവും മനസ്സിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം സ്വകാര്യ സ്വത്ത് ഇല്ലാത്ത ഒരു രാജ്യം ഇന്നും സ്വകാര്യ സ്വത്തിൽ മോഹം വരാത്ത ഒരു ജനത ആ ഇവിടുത്തെ ജനത ഇവിടുത്തെ സംസ്കാരമുള്ള ജനത ഭാഗം വെക്കുമ്പോ എനിക്ക് വേണമെന്ന് പറഞ്ഞ വഴക്കവും ഉണ്ടാക്കുന്നത് വളരെ കുറച്ചാളുകളെ ഉള്ളു ഇന്നും മറ്റു രാജ്യങ്ങളിലെ അത്ര അതില് ആ അഭിമാന മാധ്യമങ്ങളും ആഞ്ഞു ശ്രമിച്ചിട്ടും രക്തത്തിൽ വരുന്നില്ല അതിന് കാരണം സ്വകാര്യ സ്വത്ത് ഈ അപ്പൊ അവിടെ ഈശ്വരനെ കാണുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ ഈശ്വര നിർവചനത്തിലാണ് സ്വാഭാധിക ചൈതന്യമായിട്ടാണ് അല്ലാതെ ആരാധിക്കാനും ആത്മാഭാവത്തിലെത്താനുള്ള വിഗ്രഹാരാധനയുമായിട്ടല്ല ഈശ്വരനെ പരിമിതപ്പെടുത്തി ആരാധിക്കുമ്പോൾ ആദ്യം മനസ്സ് പരിമിതപ്പെടുകയാണോ വളരുകയാണോ ആ പരിമിതമായ സങ്കല്പത്തിൽ വെച്ച് ഓരോന്നും ആരാധിച്ച് പൂജകൾ നിർവഹിച്ചു വരുമ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് മനസ്സ് വികസിക്കുകയാണോ അതിലേക്ക് ചുരുങ്ങി അഹന്ത ഉണ്ടാവുകയാണോ ചുരുങ്ങിയ അഹന്ത ഉണ്ടാവുക അപ്പൊ എങ്ങനെയാണ് ഈ സമ്പ്രദായം ആത്മജ്ഞാനത്തിലെത്തിക്കുമെന്ന് പറഞ്ഞ് പരിപ്പിക്കുന്നത് അതല്ല ഞാൻ ആദ്യം പറഞ്ഞല്ലോ അങ്ങനെയെങ്കിലും രാവിലെ ഇറങ്ങി പോകും ബാക്കിയുള്ളവർക്ക് ഒരു സ്വസ്ഥത കിട്ടുമെന്ന് ഞാനത് സംഭവിച്ചല്ലോ ഞാനതിനെ എതിർത്തില്ലല്ലോ ഞാനത് ആദ്യം പറഞ്ഞിട്ടാണല്ലോ അങ്ങനെയെങ്കിലും എന്ന കാര്യം ഞാൻ ആദ്യം തന്നെ സംഭവിച്ചു എങ്ങനെയെങ്കിലും എന്നുള്ളതിൽ മാത്രമാണ് നല്ല ഒരു ആലോചിച്ചു അറിവിന് നിറവുണ്ടായ അവിടെ പിന്നെ കിഞ്ചിജ്ഞത്വില്ല അറിവ് നിറഞ്ഞാൽ സർവവ്യാപകമായാൽ മതങ്ങൾ അറിവിനെ നിറവില്ലാതാക്കുന്നു ജാതികൾ അറിവിനെ നിറവില്ലാതാക്കുന്നു മനുഷ്യന്റെ പ്രാസ്ഥാനിക വികാസങ്ങൾ അറിവിനെ നിറവില്ലാതാക്കുന്നു അറിവിന് നിറഞ്ഞൊഴുകാൻ അതിർത്തിയില്ലാതെ വികസിക്കാൻ ഇത് ഇത് ഇത് ഇത് എന്ന് പഠിപ്പിക്കുന്നത് അത്രയും അറിവിനെ പരിമിതപ്പെടുത്തുന്നു അറിവിന് നിറവുണ്ടെന്ന് വന്നാൽ അറിവ് നിറഞ്ഞാൽ സർവസമ്പൂർണമാണെന്ന് വന്നാൽ സർവവ്യാപകമാണെന്ന് വന്നാൽ അറിവല്ലാതുള്ളത് നിറഞ്ഞ അറിവിൽ അറിവല്ലാതുള്ളത് അറിവിൽ നിന്ന് വേറിട്ടത് എന്നിരിക്കും അറിവ് നിറഞ്ഞാൽ അറിവിന് വെളിയിലൊന്നുണ്ടോ ഉണ്ടെങ്കിൽ അതെവിടെയാണ് എന്ന് പറഞ്ഞാൽ അങ്ങനൊന്ന് അങ്ങനെ ഒന്നില്ല ഉണ്ടെങ്കിൽ അതും അതാണ് നാരായണ ഗുരു സ്ഥാപിക്കുന്നത് അറിവല്ലാതുള്ളത് എങ്ങിരുന്നീഴും എല്ലായിടത്തും അറിവ് നിറഞ്ഞു കഴിഞ്ഞിട്ട് എല്ലായിടത്തും നിറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അറിവല്ലാതൊന്നുണ്ട് അങ്ങനൊന്നുണ്ടോ സർവവ്യാപിയാണ് ഈശ്വരൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ കിഞ്ചിങ്ങനായ ഒരു ഈശ്വരൻ ഉണ്ടോ അപ്പൊ ആദ്യത്തെ വാക്കിൽ അറിയാത്തവന് അറിയാൻ പറഞ്ഞപ്പോഴറിഞ്ഞില്ലേ പിന്നെ അവൻ അറിയുന്നത് എവിടെയാണ് കുഞ്ഞേ ഈശ്വരൻ സർവവ്യാപിയാണ് എന്ന് അച്ഛൻ മകന് പറഞ്ഞു കൊടുത്തു അത് നിനക്കറിയ ഞാനൊരു വിഗ്രഹം തരിക അത് ആദ്യത്തെ വാക്കിന്റെ നിഷേധമല്ലേ കുഞ്ഞെ നീ അതൊരിക്കലും അറിയാതിരിക്കാൻ നിന്നെ ഞാൻ ഈ വെട്ടിൽ വീഴ്ചയ്ക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം സർവവ്യാപിയാണ് സത്യം അറിവ് നിറവുള്ളതാണ് എന്നാൽ അറിവ് അല്ലാതെ ഉള്ളത് എങ്ങ് ഇരുന്നീടും എവിടെ ഇരിക്കും അത് അറിവേത് ഇന്ന് അതുപോയി അറിവ് ഏത് അതുപോയി സമ്പൂർണമായ അറിവ് ചെന്ന് അറിവ് പോയിട്ട് അറിവ് ചെന്ന് അറിവ് നടന്നി എന്നു പറയുന്ന പോലെ ചെന്ന് ഇന്ന് ഇവിടെ ഏതറിവ് അറിയുന്നത് എങ്ങിത് അറിയുന്ന എങ്ങിത് അവിടെ ഇത് അറിയുന്നത് എന്ന് എങ്ങിരുന്നിടും എവിടെ സ്ഥിതി ചെയ്യും അപ്പോ സമ്പൂർണമാണ് അറിവ് എന്ന് വന്നാൽ എങ്ങും നിറഞ്ഞിരിക്കുന്നു എന്ന് വന്നാൽ സർവവ്യാപകമാണെന്ന് ഉറച്ചാൽ അറിവല്ലാത്തത് എവിടെയിരിക്കും അതെവിടെയാ സ്ഥിതി ചെയ്യാം അതുപോയി ൂർണമായ അറിവ് ചെന്ന് ഇങ്ങ് അറിവേത് ഇവിടെ ഏതറിവ് അവിടെ ഇവിടെ ഇതം വൃത്തിയിൽ അറിവേത് അറിയുന്ന അങ് എന്ന് അവിടെ ഇത് അറിയുന്നത് എന്ന് അവിടെ ഇത് അറിയുന്നത് എന്ന് എവിടെ എവിടെ സ്ഥിതി ചെയ്യും സർവവ്യാപകമാണ് അറിവെന്ന് വന്നാൽ പിന്നെ വേറിട്ടൊന്നിൻ്റെ കൽപ്പന യുക്തിരഹിതമാണ് അത് യുക്തിക്ക് നരക്കുന്നതല്ല ജാഗ്രസ്വപ്ന സുശുദ്ധികളായ അന്യഥാഗ്രഹണവും അഗ്രഹണവും ഉളവാക്കുന്നത് ഗുണങ്ങളാണെന്നും തന്നിൽ രൂപങ്ങളുടെ തോന്നലുളവാക്കി ബോധം മാറി നിന്ന് ആ നിലലുകളെ അനുഭവിക്കുന്നു എന്നും ഭ്രമിക്കുകയാണ് ചെയ്യുന്നത് അറിവ് ജാഗ്രത്വവും ഇല്ല സ്വപ്നവും ഇല്ല സുഷുപ്തിയില്ല ഈ പരിമിതികളൊന്നുമില്ല അതെല്ലാം അറിവിലുണ്ടായി മറയുന്ന കേവല കൽപ്പനകൾ മാത്രമാണ് അതറിയാൻ സുഷുപ്തിയിൽ നിന്നും ഉളവായ അഹന്ത സത്വം രജസ് തമസ് എന്ന മൂന്ന് ഗുണങ്ങളെ കൊണ്ടാണ് ഈ പ്രപഞ്ച സൃഷ്ടി നടക്കുന്നത് അങ്ങനെയാ ഇത് പരിമിതപ്പെടുത്തുന്നത് ഗുണം വരുമ്പോഴേ ഉള്ളൂ ഏതൊന്ന് വരുമ്പോൾ ഇന്ദ്രിയങ്ങളെ സംഹൃതങ്ങളാക്കി വെറുതെ ഇരുന്നാൽ വിലീനമായ ചിച്ചകൃതിയെ അപ്പോൾ ബോധ്യപ്പെടും വെറുതെ നോക്കിയാൽ മതി അപ്പോൾ കാണാം ബോധം സർവവ്യാപകമായിരിക്കുന്നത് വെറുതെ ഇരുന്നാൽ കാണാം അതിനകത്തായി പണിയെടുക്കാനുള്ള പ്രാരബ്ധങ്ങൾ നിമിത്തം തമസും രജസ്സും സത്വവും ചേർന്ന് വിഷയങ്ങളുണ്ടാകും ആദ്യം തമസ്സു മറയ്ക്കും വിലീനമായ ചിച്ചക്തിയെ തമസ്സുമറയ്ക്കും ഒരു നിമിഷം ഒന്നിരുന്നു നോക്കിയാൽ മതി ഇപ്പോൾ ബോധം മാത്രം കാണുന്ന ഒരു നിമിഷം തമസ്സു വന്നിട്ട് ബോധത്തെ മറച്ച് അമ്മ ഭാര്യ അച്ഛൻ ഈശ്വരൻ ഇങ്ങനെയുള്ള പദാർത്ഥങ്ങളെ സൃഷ്ടിക്കും അത് സൃഷ്ടിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ആദ്യം ബോധത്തെ മറയ്ക്കുന്നത് തമസ് ഇതിനെ ഉണ്ടാക്കുന്നത് രജസ് ഇതും ബോധവുമായി താതാത്മ്യപ്പെടുത്തുന്നത് സത്വം ഇതാ ഇങ്ങനെ ഈ പ്രപഞ്ചം ഉണ്ടാകുന്നത് നടന്നു പോകുന്ന പെട്ടെന്ന് കണ്ട ബോധം മറയും ഒരു സെക്കൻഡ് മറയുമ്പോൾ അവൻ്റെ ബോധത്തിൽ പാമ്പിനെ അവൻ കാണും പാമ്പിനെ കണ്ടപ്പോൾ ഭയം ഉണ്ടായി ഹിസ്റ്റമിനൊക്കെ ഉണ്ടായി കണ്ണിൽ ഇരുട്ട് കയറി കാല് തളന്നു നോക്കിക്കോണം ആദ്യം പാമ്പ് എന്നുള്ള ഒറ്റ നിലവിളിയാണ് അയ്യോ പാമ്പ് മങ്ങിയ വിളിച്ചത് നിലവിളിച്ച അടുത്ത നിമിഷം പാമ്പുവിനെ കടിച്ച പ്രതീതിയാണ് ഉണ്ടാകുന്നത് അപ്പോൾ തന്നെ ഭയം വന്നു ഹിസ്റ്റമിൻ വന്ന് നിറഞ്ഞു ഹിസ്റ്റമിൻ വന്ന് നിറഞ്ഞതോടുകൂടി അവൻ്റെ കണ്ണിൻ്റെ കാഴ്ച പതുക്കെ കുറഞ്ഞു ബോധം വല്ല മറഞ്ഞു താഴോട്ട് വീണു മൂർച്ഛിച്ചു വീണു പാമ്പ കിടക്കുന്നത് അതിൻ്റെ പൊക്കത്തിലോട്ടാ വിട കുറെ നേരം അങ്ങനെ കിടന്നു പിന്നെ പതുക്കെ ബോധം വീണപ്പോൾ പയ്യെ എഴുന്നേറ്റ് ചുറ്റു നോക്കി അപ്പം ഞാനെങ്ങനെയാ ഇവിടെ വന്നേ ചെറിയ മഴ ചാറുന്നുണ്ട് അതിൻ്റെ വെള്ളം വീണപ്പോഴാണ് ബോധം പതുക്കെ വീണത് നോക്കി കണ്ണതി എങ്ങനെയാണ് ഞാനിവിടെ വന്നേ പാലക്കാട്ടുനിന്ന് ഞാൻ പുറപ്പെട്ട ചെറിയ ചെറിയ ബോധം ഇങ്ങനെ വന്നപ്പോഴേക്ക് പാലക്കാട് ഞാൻ ഉണ്ടായിരുന്ന സ്ഥലം പാലക്കാട്ട് നീ വഴി വന്നത് എന്തിനാണ് ഞാൻ വന്നത് ഇവിടെ എങ്ങനെയാണ് വന്ന് ഇവിടെ വീണത് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചിന്തിച്ച് പതുക്കെ എഴുന്നേറ്റപ്പോഴാണ് കയ്യിൽ വീണ്ടും പാമ്പ് പിടിച്ചിരിക്കുന്ന പാമ്പിനെയാണ് വീണ്ടും ഒന്നുകൂടെ ബോധം ചിലപ്പോൾ ഈ പാമ്പിനെ തന്നെ പിടിച്ചിട്ടില്ല എന്ന് തോന്നിയാൽ കഷ്ടിച്ചുണങ്ങു വന്നപ്പം ഒരു ലക്ഷ തോന്നി കാരണം എന്താണെന്ന് ഒരു സൈക്കിളിന്റെ ട്യൂബാണ് കിടക്കുന്നത് അപ്പോഴാ ഓർമ്മ വന്ന ഇവനാണ് ഇന്നലെ വീഴ്ച സൈക്കിളിന്റെ ട്യൂബാണെന്ന് തിരിച്ചറിയുമ്പോൾ പാമ്പില്ല അതുകൊണ്ട് ബോധം കിട്ടില്ല പാമ്പാണെന്ന് ബോധ്യപ്പെടുമ്പോൾ സൈക്കിളിന്റെ ട്യൂബില്ല ഞങ്ങളിത് പഠിപ്പിക്കുമ്പോൾ ഒരു വലിയ അപകടം കാണിക്കും കയറിൽ പാമ്പിനെ കണ്ട് മേടിച്ചു അങ്ങനെ മേടിക്കുക എല്ലാവരും കയറ് കണ്ടാൽ പാമ്പില്ല പാമ്പ് കണ്ടാൽ കയറില്ല കയറിനെ മറയ്ക്കുന്നത് തമസ് പാമ്പിനെ കാണിക്കുന്നത് രജസ് പാമ്പും ഞാനുമായി ബോധവുമായി താതാത്മ്യപ്പെടുത്തുന്നത് സത്വം ഈ മൂന്ന് പേരും കൂടെ ഉണ്ടാക്കുന്ന കുണ്ടാവാണ്ടിയാണ് ജാഗ്രത് സ്വപ്നം സുശുദ്ധി എന്ന് പറയുന്ന ഈ വിശ്വം മുഴുവൻ ഈ മൂന്ന് പേരെ കടന്നാൽ ഗുണാതീതനായാൽ വിശ്വമില്ല ണ്ടാക്കുന്ന പണിയാണ് മതങ്ങൾ പഠിപ്പിക്കുന്നതെല്ലാം അവിടെ മണ്ണ് കൊണ്ട് അപ്പം ചുട്ട് മണ്ണപ്പൻ ചുട്ട് കൂട്ടി തിന്നാലും ഉഴുന്നൂടെ അരച്ചപ്പൻ ചുട്ട് തിന്നാലും ജാഗ്രത്തും സ്വപ്നവും എന്ന ഭേദമല്ലാതെ അനുഭവത്തിന്റെ കിഞ്ചിജ്ഞത്വത്തിൽ ഭേദമില്ല കൊച്ചുകുട്ടി ചിരട്ടയെടുത്ത് മണ്ണ് നിറച്ച് പൊത്തിവെച്ച് രണ്ട് മുട്ടും മുട്ടി എടുത്തു കളഞ്ഞ് അത് ഇലയെ കൊണ്ടുവന്നിട്ട് ഇഡലിയാണെന്ന് പറഞ്ഞ് ആളുകളെ ഇരുത്തി നടമൊന്നും കഴിച്ചിട്ടില്ല വെള്ളു ഏ ഇഡലിയും ചട്നിയും ഒക്കെ തിന്നുമ്പോഴും അകത്തുണ്ടാകുന്ന സ്രവങ്ങൾ ഇഡലിക്കും ചട്നിക്കും ഉള്ളതൊക്കെ ഉണ്ടാവും മുമ്പിലിരിക്കുന്നത് മണ്ണാണെങ്കിലും സങ്കല്പിക്കുന്ന മാത്രമുണ്ട് കാരണം അതിലെ മണ്ണ് മറയുകയും കുട്ടിയിൽ ഇഡലി രൂപാന്തരപ്പെടുകയും ചെയ്യുന്നത് പോലെ തന്നെയാണ് ഒറിജിനലായ ഉഴുന്നരി അരച്ച് ഇഡലി ഉണ്ടാക്കുമ്പോഴും സ്വപ്നവും ജാഗ്രത്തും വേറെയല്ല രണ്ടും അന്യഥാഗ്രഹണമാണ് അങ്ങനെയാണെങ്കിൽ ഞാനെന്ന ബോധം മണ്ണിൽ കല്ലിൽ പരിമിതപ്പെടുത്തി കിഞ്ചിജ്ഞനായി ഈശ്വരനെ സൃഷ്ടിച്ച് അതിനും ആലയും ഇട്ട് പൂജിച്ച് അതിൻ്റെ സർവജ്ഞത്വത്തെ പരിമിതപ്പെടുത്തുമ്പോൾ എൻ്റെ സ്വപ്ന ഉണർത്തുമ്പോൾ ജാഗ്രത്തിൻ്റെയും സ്വപ്നത്തിൻ്റെയും സുഷുപ്തിയുടെയും അവാന്തര പ്രകൃതികളെ എൻ്റെ സത്വവും രജസും തമസും ഉളവാക്കുന്ന ഈ ലോകങ്ങളെ നിരന്തരമായി ഞാൻ ഉണ്ടാക്കുമ്പോഴും മോചനമെനി കന്യമാണ് മതങ്ങൾ മോചനം തരാത്ത കെട്ടുപാടിൻ്റെ കേന്ദ്രങ്ങളും വഴക്കിൻ്റെ വിലാസഭൂമികളുമാണ് ഇത് കേട്ടിട്ട് നാളെ രാവിലെ ഇത് വലിച്ചെറിഞ്ഞാലൊന്നും ഇതാവില്ല എന്നാൽ ഇനി ഇന്നുമുതലേ പോകുന്നില്ല അത് പോകാതിരിക്കാനത് പോയേ തീരൂ അത് തന്നെ ഇല്ലേതായിരുന്നു ഇപ്പോൾ ഉള്ളതൊന്നും നിർത്തണ്ട ഇതൊരു കേൾവി കേട്ടതുകൊണ്ട് നാളെ രാവിലെ പൂക്കാലിയൊക്കെ വലിച്ചെറിഞ്ഞ് ഇനി അങ്ങോട്ടില്ല വേണ്ട അത് പോയി ഇല്ലാത തുടങ്ങിയാൽ തുടങ്ങാതിരുന്നാൽ ഉത്തമം പോകുന്നവനെ നോക്കി കുറ്റം പറയുന്നുണ്ടെങ്കിൽ പോകാത്തവനേക്കാൾ ഭേദം പോകുന്നവനാണ് കാരണം ചിലരുടനെ എന്നെ ഒന്നും നോക്കിട്ട് ഞാനൊരല്പം കേമനായില്ലേ സ്വാമിജിന്നുള്ള മത്തി നോക്കി വേണ്ട പോകുന്നവനെ കുറ്റം പറയല്ലേ അത് വേണ്ട പോകുന്നത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല പോകാതിരിക്കുന്നത് ഉത്തമമാണെന്നും തെറ്റാണെന്നും ഞാൻ പറഞ്ഞില്ല പോക്കിലും പോകാതിരിക്കലിലും ഈ അറിലിലാണ് അതാണ് ഈ വാക്കിനിടയിൽ സത്യം അറിഞ്ഞില്ലെങ്കിൽ ഈ സാധനം മുഴുവൻ പോവും ഈ അറിവുണ്ടായിട്ട് പോയാലും പോയില്ലെങ്കിലും രസമാണ് അറിഞ്ഞിട്ട് പോകാം അറിഞ്ഞിട്ട് പോകാതെയും ഇരിക്കാം അത് കിട്ടിയാൽ ഇല്ലേ കിട്ടില്ല അതാണ് അറിവിന് നിറവുണ്ടെന്ന് വന്നാൽ ഈ സത്വം രജസ് തമസ് ഇവയായി പണിയുണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞത് നിദ്രയുടെ ആരംഭത്തിലും നിദ്രാദൗ ജാഗരസ്യം ഭാവയൻ രാമ ഏതൊരു ഭാവമാണോ ഉപജനിക്കുന്നത് യോ ഭാവ ഉപജായതേ തംഭാവം ഭാവയൻ ജീവൻ മുക്ത സദാഭാവേ സർവകാ ജീവൻ മുക്തനായിരിക്കുക അപ്പൊ അതുകൊണ്ട് തമസ സ്വചൈതന്യത്തെ മറയ്ക്കുന്നു രജസ തന്നിൽ പ്രതിബിംബിച്ച ചൈതന്യത്തെ മറയ്ക്കാതെ എന്നാൽ ചൈതന്യമായി കാണിക്കാതെ നാനാരൂപങ്ങളായി തോന്നിപ്പിച്ച് പ്രകാശിപ്പിക്കുന്നു സത്വഗുണം മുൻ പറഞ്ഞ രണ്ടു ഗുണങ്ങളെ സമന്വയിപ്പിക്കുന്നു നാമരൂപ വിഷയാകാര പ്രപഞ്ചങ്ങളെ സൃഷ്ടിക്കുന്നു സമന്വയിപ്പിക്കുന്നു ഇങ്ങനെ തമസും രജസും സത്വവും ഇവ ചേർന്നായി കറിക്കുന്നു അപ്പോൾ സത്വം തമസിന്റെ ബാധയേറ്റ് ആ തമോ ഗുണത്തിൽ പ്രതിബിംബിച്ച ചൈതന്യം പ്രകാശരൂപമായിരിക്കും അതും ഉപാധി കൊണ്ട് ജഡം പോലെ പ്രകാശിക്കും അപ്പോൾ ഉപാധിയെയും അതിൻ്റെ മായ തന്നെയും തന്നാൽ തനത് ഭാവമായി ലയിപ്പിക്കും ഇങ്ങനെയാണ് ലോകമുള്ളത് ഇതില്ലാതിരിക്കാൻ വീതരാഗയക്രോധനാവുക അതാണിതിനുവഴി രാഗം ഭയം ക്രോധമൊന്നുമില്ലാതിരിക്കുക അങ്ങനെയാണെങ്കിൽ അറിവ് അതിൻ്റെ പൂർണ്ണതയിലെത്തിയാൽ നശിക്കുവോ അറിവിന് നാശമുണ്ടോ അതതിനെ വേറിട്ടറിയണോ അടുത്ത ശ്ലോകം അഞ്ച്